അവർ എഴുന്നേറ്റുനിന്ന് ഇപ്രകാരം പറഞ്ഞപ്പോൾ നാം അവരുടെ ഹൃദയങ്ങളെ ദൃഢമാക്കി ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ് ഞങ്ങളുടെ രക്ഷിതാവ് അവനല്ലാത്ത മറ്റൊരു ദൈവത്തെ ഞങ്ങൾ ഒരിക്കലും വിളിക്കില്ല അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ അതിരുകടന്ന കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക